പറയുക നിങ്ങൾ അള്ളാഹുസുബാനഹുവരയെ വിളിച്ചാലും റഹ്മാനെ വിളിച്ചാലും നിങ്ങൾ ഏതു പേര് വിളിച്ചാലും അവനേറ്റവും നല്ല നാമങ്ങളുണ്ട് നിന്റെ നമസ്കാരത്തിൽ നീ ശബ്ദമുയർത്തുകയുമരുത് വളരെ താഴ്ത്തുകയുമരുത് അതിനിടയിലുള്ള ഒരു വഴി തേടുക